ആരാണ് കർമ്മയോഗത്തിന് അധികാരി അടുത്ത ശ്ലോകം നോക്കൂക്ഷോർമേർ യോഗം ആരു രുക്ഷോ മുനേ ആരു രുക്ഷു എന്ന് വെച്ചാൽ ആരോടും ഇച്ഛു ണം ചെയ്യാന്ന് വെച്ചാൽ കയറിപ്പോവുക കയറിപ്പോവാൻ ആഗ്രഹമുള്ളവന് യോഗസ്ഥിതിയിലേക്ക് പോകണമെങ്കിൽ കർമ്മകാരണമു നമ്മളിൽ രണ്ട് പ്ലെയിൻ ഉണ്ട് ഒന്ന് എവല്യൂഷൻ പ്ലെയിൻ ഓഫ് എവല്യൂഷൻ ഒന്ന് പ്ലെയിൻ ഓഫ് ബീങ്സ് എവല്യൂഷൻ ശരീരത്തിൻ്റെ മണ്ഡലത്തിലാണ് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യമൊക്കെ ആ മണ്ഡലത്തിലാണ് ഗ്രഡേഷൻസ് ഒക്കെ ഉള്ളത് പടിയൊക്കെ നമ്മൾ ശരീരമാണ് ഞാൻ എന്ന് ധരിച്ചിരിക്കുമ്പോൾ ഭഗവാൻ പറയണു കർമ്മ കാരണം ഉച്ചത് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ആത്മവിദ്യ ഒന്നും മനസ്സിലാവണില്ലെങ്കിൽ എത്രഘട്ടാലും തെളിയണില്ലെങ്കിൽ ശരീരത്തിൽ മാത്രമാണ് ദൃഷ്ടിയെങ്കിൽ നിങ്ങൾ കർമ്മത്തിനെ ഫല ചെയ്തു പഠിക്കും സാധനം അവിടെയാണ് പറയുന്നത് യു സ്റ്റാർട്ട് സെർവിംഗ് നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമോ അതൊക്കെ ആർക്കാർക്ക് ഇഷ്ടപ്പെടുവോ ആർക്കൊക്കെ ഹിതമാണോ അത് ചെയ്തു കൊടുക്കും സ്വാർത്ഥത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയെ പതുക്കെ പതുക്കെ കുറച്ചു കർമ്മത്തിനെ യോഗമാക്കി മാറ്റും കർമ്മം എപ്പോഴും നമുക്ക് വേണ്ടി ചെയ്യാനാണ് നമുക്ക് ആഗ്രഹം ആ സ്വഭാവം നമ്മളിൽ വളരെ രൂഢമാണ് അത് മൃഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മളിലേക്ക് അത് മനുഷ്യന്റെ സ്വഭാവം അല്ല മൃഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഒരു പട്ടിക്ക് ചോറിട്ട് കൊടുത്താൽ അടുത്ത് വരുന്ന വരുമ്പോൾ ഓടിച്ചു അതേ സ്വഭാവമാണ് നമ്മൾക്കും ഗ്രാബിങ് എന്തോ എനിക്ക് വേണം വേറെയാളെ തള്ളി മാറ്റണം ലോകം മുഴുവൻ അതാണ് കൂടുതൽ നിൽക്കുന്നത് അതിനെ പതുക്കെ കുറച്ചു നിങ്ങൾ പതുക്കെ പതുക്കെ അങ്ങനെ ആവുമ്പോൾ എന്താവും ആ ആദ്യം പറഞ്ഞ പോലെ യോഗാരൂഢൻ ആയിട്ട് തീരും യോഗാരൂഢനാവുമ്പോൾ ക്ഷമ കാരണം ഉച്ചത്തെ അവനിൽ പതുക്കെ പതുക്കെ ആത്മാവിന്റെ സ്വാഭാവികമായ ശാന്തി കളിയാടി തുടങ്ങും പതുക്കെ പതുക്കെ ആത്മാനുഭൂതിയുടെ ഇയാളിൽ ആവിർഭവിച്ചു തുടങ്ങും അയാൾ ഇനി കർമ്മം ചെയ്യണം ആവശ്യമില്ല അയാൾ ധ്യാനത്തിന് അധികാരിയാണ് അയാൾക്ക് ധ്യാനം എന്താണെന്ന് അയാൾ ചോദിക്കില്ല ധ്യാനം സഹജമായിട്ട് വരും താനേ താനായി അടങ്ങിയിരുന്നോളും ധ്യാനം എന്നുള്ളത് എന്തിനെങ്കിലും ഒക്കെ ധ്യാനിക്കലല്ല ധ്യാനം അയാളിൽ ആവിർഭവിച്ചു തുടങ്ങും യോഗാരൂഢനാവുമ്പോ ശാന്തി നിശ്ചലത സാധകന്മാരൊക്കെ അനുഭവിക്കും എപ്പോഴോ ഒരു ഘട്ടത്തിൽ അവരറിയാത്തവരെ ധ്യാനിക്കും കർമ്മപരിഭാഗം കൊണ്ടാണത് കർമ്മം പരിഭാഗമാവുമ്പോൾ ധ്യാനം എന്നുള്ളത് സഹജസിദ്ധമായിട്ട് തീരും യോഗാരൂഢ യോഗാരൂഢനായാൽ പിന്നെ അയാൾ കർമ്മം ചെയ്യണമെന്നില്ല അയാൾക്ക് ക്ഷമം അയാള് സന്യാസത്തിന് അധികാരിയാവാണ് പതുക്കെ കർമ്മത്തിന് അപ്പുറം പോവുകയാണ് അയാള് അയാൾക്ക് ശമ കാരണം ഉച്ചത്തെ അയാൾ സ്വരൂപത്തിലിരിക്കാൻ യോഗ്യനാണ് ധ്യാനനിഷ്ഠനാവാൻ യോഗ്യനാണ് പക്ഷേ ആരാണ് യോഗാരൂഢൻ എപ്പോ യോഗാരൂഢനായി ഇപ്പൊ ധ്യാനത്തിലാണ് ഇഷ്ടം അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഒന്നും ചെയ്യാൻ പോകണില്ല മെഡിറ്റേഷനിൽ ഇരിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ ശരി ഭഗവാൻ പറയാണ് എപ്പോ ഒരാൾ യോഗാരൂഢനായിന്ന് കണക്കാക്കാം യഥാഹി ആ ശ്ലോകം ചൊല്ലിയോ നമ്മള് അടുത്ത ശ്ലോകം യഥാഹിനേന്ദ്രിയ സർവസങ്കൽപ്പ സന്യാസി കർമ്മങ്ങളെയൊക്കെ വിട്ടു പക്ഷെ പലപ്പോഴും എന്താവും വിഷയഭോഗത്തിലുള്ള താല്പര്യമൊന്നും പോയിട്ടുണ്ടാവില്ല നമ്മൾക്ക് കർമ്മങ്ങളൊക്കെ വിട്ട് ഇനി ഒന്നുമില്ല ഇനി മെഡിറ്റേഷൻ മാത്രമാണ് എന്ന് ഇരിക്കാൻ തോന്നുന്നു കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ എപ്പോഴും അങ്ങനെ ഇരിക്കാം ഒന്നും ഒരു ഒരു ടിവിയോ വീഡിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിവെക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമില്ല കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് അതിലെന്തെങ്കിലുമൊക്കെ കാണാൻ പതുക്കെ പതുക്കെ പതുക്കെ ഇന്ദ്രിയാർത്ഥേഷു അപ്പോഴാണ് നമുക്ക് മനസിലാവ ഓ മുമ്പ് കർമ്മം ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ പിന്നെയും ശുദ്ധമായിരുന്നു ഇതിലൊന്നും പെട്ട് പോകില്ലായിരുന്നു ഇതൊക്കെ വിട്ടപ്പോ എന്താ ഇതിൽ പോയി പെട്ടു ഇതിനേക്കാളും നല്ലത് വല്ല പണിയെടുത്തോണ്ടിരുന്നാൽ ഇതിലൊന്നും പെട്ടുപോകില്ലായിരുന്നു തോന്നി തോന്നും എപ്പോഴാണോ ഇന്ദ്രിയ വിഷയങ്ങളിൽ തികച്ചും ഒരാൾ വിരക്തനായിരിക്കണത് അയാൾ ഇനി പെട്ടുപോകില്ലെന്ന വിധത്തിൽ ഏകാന്തത്തിൽ തയ്യാറാണ് അയാളുടെ ഉള്ളിൽ വാസനകളൊന്നുമില്ല അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ഒന്നും അയാളെ ഡിസ്റ്റർബ് ചെയ്യില്ല അയാളെ വിക്ഷുബ്ധനാക്കില്ല യഥാഹി നന്ദ്രിയാർത്ഥേഷും കർമ്മസു അനുഷജത് അതേപോലെ കർമ്മ കർമ്മവും ഒരു ഡിസ്റ്റർബൻസ് ആണ് നമ്മുടെ മഹർഷിയുടെ അടുത്ത് ഒരു ആള് ചോദിച്ചു ഭഗവാനെ വേദാന്തികൾ ചുമ്മാ ഇരുന്ന് പറയണ്ടല്ലോ ഞാൻ ചുമ്മാ ഇരിക്കട്ടെ എല്ലാം വിട്ടിട്ട് എല്ലാ കർമ്മങ്ങളും വിട്ടിട്ട് ചുമ്മാ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു ഇരുന്ത് പാരുന്ന് ഇരുന്ന് നോക്കൂന്നാണ് പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പുറപ്പെടും പഴ പലപ്പോഴും നമ്മളുടെ സ്വധർമ്മം വിട്ടിട്ട് നമ്മൾ സന്യാസമാണ് ഒക്കെ വിട്ടു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഇരിക്കാൻ പറ്റാതെ എന്തെയ്യും വേറെന്തെങ്കിലുമൊക്കെ തുടങ്ങിവയ്ക്കും ഇരിക്കാൻ വയ്യ എന്തിനാ അവർ ഇതൊക്കെ ചെയ്യണതെന്ന് ചോദിക്കൂ നമുക്ക് അറിയില്ല പറ്റില്ല സന്യാസമാണെന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയ ആളുകൾ ചില ആളുകളൊക്കെ അവസാനം വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് മാറുണ്ട് വിചി വിചിത്രമാണ് അവരെന്തോ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് മാസാമാസം ശമ്പളം വാങ്ങിച്ചോണ്ടിരുന്ന ആളുകളാണ് അത് കഴിഞ്ഞ് അതൊക്കെ വിട്ടിട്ട് പോയി എല്ലാം വിട്ടുപോയി കഴിഞ്ഞിട്ട് അവര് അവസാന ഹോട്ടല് അതുപോലത്തെ പല കാര്യങ്ങളും ഒക്കെ ചെയ്ത് കാരണം എന്താ അത് പോണില്ലേ അപ്പൊ എന്നാ കർമ്മസു അനുഷജത ഉള്ളിൽ കിടക്കണ്ട് അതാണ് ഭഗവാൻ പരധർമ്മോ ഭയവാഹ എന്ന് പറഞ്ഞത് നീ നെ സ്വധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ കർമ്മം എന്നെ വിട്ടുപോകുന്നവരെ നീ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്തെങ്കിലും ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അതിനെ നിർത്തിയാൽ എന്തെങ്കിലും ഫാസിനേഷൻ കൊണ്ടോ എന്തിനോടെങ്കിലൊക്കെ ആഗ്രഹം കൊണ്ടോ കർമ്മത്തിനെ നീയായിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് തങ്ങി നിൽക്കും തങ്ങി നിന്നിട്ട് എന്തിയും വേറെ ഏതെങ്കിലുമൊക്കെ ഫീൽഡിൽ പെരുത്തു മുമ്പിൽ വന്ന് നിൽക്കും അതൊന്നും പുറത്തു വരാനേ നമുക്ക് പറ്റില്ല എത്ര വലിയ സയൻസ് ആണത് ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ എവിടെ പോയാൽ നമ്മളുടേതല്ലാത്തതായ ഒരു കർമ്മ ഫീൽഡിൽ നമ്മൾ പെട്ട് അലങ്കോലമായിട്ട് നിൽക്കും പുറത്തു വരാൻ കഴിയാത്ത നിൽക്കും ഇതിനെക്കാളും പഴയ കർമ്മത്തിൽ തന്നെ ഇരിക്കാമായിരുന്നു പിന്നെ തോന്നും അപ്പൊ അങ്ങനെ ഒരു ഇട വരുത്താതെ നിനക്ക് വീണ് കിട്ടിയിരിക്കുന്നത് ആ കർമ്മം ചെയ്യാം നീ യോഗനായി എപ്പറിയാം കർമ്മം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല കർമ്മം വിട്ടുപോകും ശരിക്കും വിട്ടുപോകും ഒന്നും ചെയ്യാൻ പറ്റാതെ വിട്ടുപോകും ജപിക്കാൻ ഇരുന്ന ജപം നടക്കില്ല പൂജ ചെയ്യാൻ ഒന്നും പൂജ നടക്കില്ല രാമകൃഷ്ണ പരമംസർക്ക് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പിതൃകർമ്മങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടത് നടക്കില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ അവർക്ക് പറ്റില്ല അതും ഒരു ഹയസ്റ്റ് എവല്യൂഷനിലെ നാച്ചുറൽ ഫിനോമിനാണത് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഗുരുനാനാക്കിനെ പലതരക്ക് കടയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അദ്ദേഹം പണി ചെയ്യണം എന്ന് ചെയ്തു ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ കൊടുക്കുകയാണ് ആരോ വന്ന് ഗോതമ്പ് ചോദിച്ചു ഗോതമ്പ് കൊടുക്കുമ്പോ എക് ദോ തീൻ ചാർ പഞ്ച് ഛേ സാട്ട് നൗ ദസ് ബാറ പന്ത്രണ്ട് പേരെ ശരിക്കും എണ്ണി തേരാ എന്ന് പറഞ്ഞപ്പോ പതിമൂന്ന് മറന്നുപോയി തേരാ എന്നുള്ളത് ഭഗവാന്റെ ആണ് ഭഗവാന്റെ ആണെന്ന് ഗോതമ്പ് മുഴുവൻ തേരാ വില നിന്നു തേരാ തേരാ തേരാന്ന് പറഞ്ഞു ഗോതമ്പ് മുഴുവൻ ഇട്ടുകൊടുത്തു ചാക്കലുള്ളത് മുഴുവൻ ഇട്ടു കൊടുത്ത് നർത്തനം ചെയ്യാനൊക്കെ തുടങ്ങി ഇങ്ങനെയുള്ള ആളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഈ മഹാരാഷ്ട്ര സന്ധി ുള്ള തുറാം അദ്ദേഹം ജോലി ഉപേക്ഷിക്കണില്ല അദ്ദേഹം ധർമ്മമാണ് ചെയ്യണം ചെയ്യണം വന്ന് പുറപ്പെടുന്നു എല്ലാവർക്കും ഉപദേശമൊക്കെ കൊടുക്കണുണ്ട് അദ്ദേഹം തന്നെ എല്ലാവരും സ്വധർമ്മം ചെയ്യൂന്നൊക്കെ അദ്ദേഹത്തിനൊക്കെ വിട്ടുപോകും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ യു കർമ്മ യു നമ്മള് ചെയ്യാൻ സാധിക്കാതെ അപ്പൊ വല്ല കുഴപ്പമുണ്ടാവും ഒരു കുഴപ്പമുണ്ടാവില്ല യോഗക്ഷേമം വാമ്യഹം നമ്മൾ നല്ലവണ്ണം കാണും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ഒരു ദൂഷ്യവും വരേണ്ടില്ല എന്ന് മാത്രമല്ല ആ സ്ഥിതിയിലുള്ള ആ നൈഷ്കർണ്യ സ്ഥിതിയിൽ എല്ലാ മംഗളകാര്യങ്ങളും നടത്താൻ ഒരു അനിർവചനീയ ശക്തി ചുറ്റും വന്ന് നിന്ന് ചെയ്തോളൂ വേണ്ടാതിരുന്നാൽ ഒരു കുഴപ്പം വരാനില്ല എന്താ നടക്കേണ്ടതെന്ന് വെച്ചാൽ നടന്നോളൂ സർവ്വമംഗളങ്ങളും നടന്നോളൂ ഹി ബിക്കംസ് ദ സെന്റർ ഓഫ് ഹീലിംഗ് എനർജി അപ്പൊ കർമ്മത്തിന് നമ്മൾ വിടേണ്ട കർമ്മം വിട്ടുപോയി ആ സ്ഥിതിയിലാണ് ഇയാള് പരമഹംസനാവണത് യോഗാരൂഢനാവണത് അയാള് കുറച്ചു കാലം പിന്നെ സമാധിയും ധ്യാനവും ആത്മവിചാരവും ഒക്കെ ആയിട്ടിരിക്കും അയാളെ സമൂഹവും കുറ്റം പറഞ്ഞേക്കാം ഇയാളൊന്നും ചെയ്യണില്ലെന്ന് പക്ഷെ അയാൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കാളും ഒക്കെ എത്രയോ എത്രയോ ഉയർന്നതാണ് പക്ഷെ അതേസമയം പക്വമല്ലാത്ത ഒരാളെ അയാളെ കണ്ടിട്ട് രാമകൃഷ്ണ പരമംസർ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട് ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഗർഭിണിയായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായി അപ്പം അമ്മായി അമ്മ ജോലി കുറച്ച് കൊടുത്തു പതുക്കെ പതുക്കെ പതുക്കെ ഗർഭം പൂർണ്ണമായി ആ വീട്ടിൽ അവരുടെ ഒരു നാത്തൂവിനൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിക്ക് ഈ ഏട്ടത്തിയമ്മയെ അത്ര ഇഷ്ടമല്ല അവര് കണ്ടോണ്ടേയിരുന്നു ഇതെന്താ അമ്മ ജോലി കുറച്ച് കൊടുക്കണു ഇവരെ പണിയെടുപ്പിക്കണില്ല കൊറേ കഴിഞ്ഞപ്പോ കുട്ടി ജനിച്ചു അപ്പൊ നാത്തൂൻ കണ്ടു ഓ ഇങ്ങനെ ജോലി കുറച്ച് കുറച്ച് കുറച്ചുകൊണ്ട് വന്നാ കുട്ടി ജനിക്കും ആ നാത്തൂൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു നാളെ മുതൽ എനിക്ക് ജോലി ക്രമമായിട്ട് പത്തു മാസത്തേക്ക് കുറച്ച് തരണം അവരും അത് ഒരു പേടി അമ്മയെ വിളിച്ചോണ്ട് പ്രസവം നടത്താൻ പറഞ്ഞാൽ പ്രസവിക്കുവോ എന്താ ബീജം ഉള്ളിലില്ല പിന്നെ ഇങ്ങനെ പ്രസവിക്കും അല്ലേ അപ്പോ ഒരാള് യോഗസ്ഥിതിയിലെത്തി കർമ്മം വിട്ടുപോയി അയാളിൽ യോഗസ്ഥിതി യോഗാരൂഢനാവുമ്പോ കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട് അയാള് ധ്യാനിക്കുകയും സമാധിസ്ഥിതിയിലിരിക്കുകയും ജ്ഞാനസ്ഥിതനാവുകയും അയാളിൽ എല്ലാം വിട്ടുപോയി ഒക്കെ കണ്ടിട്ട് ഇതിന്റെ ആന്തരികമായ റോഡ് അറിയാത്ത ആളുകള് പുറമേ നിന്ന് അയാളെ കണ്ടിട്ട് എന്ത് ചെയ്യും അയാള് കാണിക്കുന്നതിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്തത് പ്രസവിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഞാനുണ്ടാവില്ല മെത്തഡോളജി ഒന്നുണ്ട് ജീനിയസ് ഒന്നുണ്ട് അതായത് സംഗീതം എടുത്താൽ ഒരു ഉദാഹരണം എടുത്താൽ ത്യാഗരാജസ്വാമികൾ മുത്തുസ്വാമി ദീക്ഷിതർ ശ്യാമശാസ്ത്രി ഇവരൊക്കെ വാഗേകാരന്മാരായിട്ട് അങ്ങനെ മുമ്പിലിരിക്കണം ത്യാഗരാജസ്വാമികൾ എങ്ങനെ കീർത്തനം പാടി പാലക്കാട് മണിയിലൊരു ടോക്കൽ പറയേണ്ട എപ്പോൾ മൃതങ്ങൾ വായിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഒമ്പത് വയസ്സിൽ മൃഗങ്ങൾ വായിക്കാൻ ബാലമുരളികൃഷ്ണ ഒരു നമ്മളുടെ ഒരു സപ്താഹത്തിന് മദ്രാസിൽ അദ്ദേഹം ഉദ്ഘാടനത്തിനു അപ്പൊ അദ്ദേഹത്തിനടുത്ത് അദ്ദേഹം ചോദിച്ചു ഞാൻ എങ്ങനെയാ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങള് എന്ത് ചെയ്താലും ശരി ഒരു കീർത്തനം പാടുകയാണെങ്കിൽ പാടൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയൂന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സംഗീത കഥയെ കുറിച്ച് തന്നെ പറഞ്ഞു ഞാൻ ഏഴ് വയസ്സിൽ പാടാൻ തുടങ്ങി സ്കൂളിലൊന്നും പഠിക്കാൻ പോയിട്ട് മൂന്ന് മാസമേ പഠിച്ചിട്ടുള്ളൂ ഏഴ് വയസ്സ് എത്ര കാലം ഒരു അടുത്ത് പോയി പഠിക്കാൻ പറ്റും ഒരുപാട് ഒരു മ്യൂസീഷ്യൻസ് ആയിട്ട് ഇപ്പൊ ത്യാഗരാജ സ്വാമികളൊക്കെ നമ്മൾ എടുത്താൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒരു കരിയെടുത്ത് ചുമരില് എന്തോ എഴുതിക്കൊണ്ടിരിക്കണു എന്റെ അച്ഛൻ രാമബ്രഹ്മം കണ്ടിട്ട് എന്താ ത്യാഗ് ത്യാഗവും എഴുതണതെന്ന് ചോദിച്ചു എന്തോ പാട്ട് സ്ഫുരിച്ചു ഞാൻ എഴുതാണ് വന്ദനമു ഘു നന്ദന ഇത് എഴുതിയ ആദ്യം കരി കൊണ്ട് ചുമരിൽ എഴുതി വെച്ചതാണത്രെ രാമനെ ഞാൻ വന്ദിക്കണു സേതുബന്ധന ഭക്തചന്തന വാക്കുകളൊക്കെ ശങ്കരൻ ഏഴു വയസ്സിൽ അങ്കംഹരേഹേ പുളകഭൂഷണമാശ്രയന്തി എന്ന് എഴുതിയത് ഒരുപക്ഷെ മുപ്പത്തിരണ്ട് വയസ്സിൽ അങ്ങനെ ഒരു ശ്ലോകം എഴുതാൻ പറ്റുമോ എന്ന് പറയാൻ വയ്യ അത് അതിനാണ് നമ്മൾ ജീനിയസ് എന്ന് പറയുന്നത് അത് പൂർവ്വജന്മം എന്നോ എന്ത് കാരണം നമുക്ക് പറയാനറിയില്ല അവർ പൂർണ്ണമായി ജനിക്കുകയാണ് ജന്മനോ അതിനോടുകൂടെ കൊണ്ടുവരികയാണ് അവരേത് റോഡ് റോഡ് നടന്നു വന്നു എന്നറിയില്ല അവർ പെട്ടെന്ന് അങ്ങനെ ആവുകയാണ് അവരെ ഐഡിയൽ പറ്റില്ല ഒരാൾക്ക് ഒരുപക്ഷെ ത്യാഗരാജസ്വാമികൾക്ക് എത്ര കണ്ട് സംഗീതജ്ഞാനമുണ്ടോ അത്രയും തന്നെ സംഗീതജ്ഞാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചിലപ്പോൾ ജീനിയസായിട്ടുള്ള ഒരാൾക്ക് ശാസ്ത്രീയമായിട്ട് അത്രകൊണ്ട് ഉറപ്പുണ്ടാവില്ലായിരിക്കും പക്ഷെ ഒരു മെത്തഡോളജിയിൽ പഠിച്ചുകൊണ്ട് വരുന്ന ഒരാൾക്ക് ആ ജീനിയസായിട്ടുള്ള കളേക്കാളും ശാസ്ത്രീയമായിട്ട് കാര്യങ്ങളൊക്കെ അറിയുകയും മനസ്സിലാക്കുക ഒക്കെ ചെയ്യാം പക്ഷെ ഒരിക്കലും ആ ജീനിയസായിട്ട് ഒരാളെ നമ്മൾ പറഞ്ഞല്ലോ അയാളാവാൻ ഇയാൾക്ക് പറ്റില്ല അതൊരു ജന്മത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ പ്രൊഡക്റ്റ് അല്ല അത് നേച്ചറുടെ ഒരു പ്രോസസ്സിൽ വന്നതാണത് അതിനെ ഒരിക്കലും ആദർശമാക്കാൻ പാടില്ല അതായത് ഒരാളിൽ ധ്യാനം സമാധി ആത്മാനുഭവത്തിന് മുമ്പിൽ കാണുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ചാടി കയറിയതാവാൻ പറ്റില്ല പിന്നെ എന്താ വഴി അവര് ചിലതൊക്കെ അവരും പറയും തസ്മാത് ശാസ്ത്രം പ്രമാണം കാര്യ വ്യവസ്ഥിതവും ജ്ഞാത് ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തുമിഹാ രഹസി അതുകൊണ്ട് പതുക്കെ പിച്ച് നടന്നു തുടങ്ങൂ നടന്നു തുടങ്ങും അപ്പൊ എന്താ അവർക്ക് ഈ യോഗാരൂഢരാകുമ്പോൾ അവരിൽ ഈ ശമം ആവിർഭവിച്ചു തുടങ്ങണു ആ ശമം ഇമിറ്റേറ്റ് ചെയ്തിട്ട് വരണതല്ല ആ ശമം വരണമെങ്കിൽ കർമ്മവാസന തീരണം നമുക്ക് കർമ്മത്തിനുള്ള അർജ് കുറയണം ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ആസക്തി കുറയണം ഇത് രണ്ടും കുറഞ്ഞാൽ ചിത്തം ശുദ്ധമാവുമ്പോ ആ ശമം എന്ന് പറയണത് അതായത് ആത്മാവിന്റെ അനുഭൂതിമണ്ഡലം അനാവൃത്തമാവും ആത്മാവിന്റെ അനുഭൂതി മണ്ഡലം അനാവൃതമാവുമ്പോ യോഗാരൂഢ ലക്ഷണങ്ങൾ ഇയാളിൽ കണ്ടു തുടങ്ങും അപ്പോഴൊക്കെ പതുക്കെ പതുക്കെ ഇയാള് ധ്യാനത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ മതിയാവും പക്ഷെ അത് എപ്പോ യോഗാരൂഢനായെന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഭഗവാൻ പറഞ്ഞത് ഇയാള് കർമ്മങ്ങളൊക്കെ ഇയാളെ വിട്ടു ഇയാൾക്ക് യാതൊരു ആസക്തിയും കർമ്മം ചെയ്യാൻ ഇന്ദ്രിയ വിഷയങ്ങളിലും ഇയാളുടെ മനസ്സ് പോകുന്നില്ല ചിലർക്ക് കർമ്മം ചെയ്യാനൊന്നും ഉണ്ടാവില്ല കുഴുമടിയന്മാര് നേരം വെളിച്ചായാൽ രാത്രി വരെ ഇരിക്കുന്ന സ്ഥലത്തില് ചുമരിൽ മാറക്കുണ്ടാവും അതുപോലെ ഇരിക്കും എന്തെങ്കിലും വിഷയങ്ങളിൽ പെട്ട് കിടക്കും മനസ്സ് അല്ലെങ്കിൽ മടിയന്മാരായിട്ട് തീരും കുഴുമടിയന്മാരായിട്ട് തീരും അവരെയല്ല അവര് ധ്യാന യോഗ യോഗ്യരല്ല ഇന്ന ഇന്ദ്രിയാർത്ഥേഷൂണ കർമ്മസുവനുഷജ്ജതേ സർവസങ്കല്പ സന്യാസി അയാൾക്കുള്ളിൽ ഒന്നും ആയിത്തീരാനുള്ള വ്യഗ്രതയില്ല അയാളുടെ മനസ്സ് സങ്കല്പിക്കണില്ല ഭാവന ചെയ്യണില്ല പിന്നെ എന്താ അവിടെ ഉള്ളത് ഉള്ളിലൊരു നിശ്ചലതയുണ്ട് യോഗാരൂഢസ്ഥോച്ചതെ അപ്പൊ അവനെ യോഗാരൂഢൻ എന്ന് പറയാം ആ സ്ഥിതിയിൽ അവനെ യോഗാരൂഢൻ എന്ന് പറയാം ആ രുക്ഷു യോഗാരൂഢൻ ഇതാണ് ഭഗവാൻ രണ്ടു വാക്കുകൾ ഇവിടെ പറഞ്ഞത് അപ്പോ ഈ യോഗാരൂഢൻ ആവണം എങ്കിൽ ആദ്യം നമ്മൾ എവിടെ ശ്രദ്ധിക്കണം നമ്മളുടെ കർമ്മത്തിനെയാണ് ശ്രദ്ധിക്കേണ്ടത് വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ ഒരു ശ്ലോകം പറയേണ്ടത് ഉദ്ധരേത് ആത്മനാത്മാനം മഗ്നം സംസാരവാരിധോ യോഗാരൂഢത്വമാസാദ്യ സമ്യക് ദർശന നിഷ്ഠയാ അതായത് ഈ ഗീതയിൽ ആറാം അധ്യായത്തിലെ ആദ്യത്തെ കുറേ ശ്ലോകങ്ങളെ സംഗ്രഹിച്ച ശ്ലോകമാണിത് അടുത്ത ശ്ലോകം ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാധയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ അടുത്ത ശ്ലോകം ആ ശ്ലോകത്തിന് ഒരു വ്യാഖ്യാനം പോലെയാണ് വിവേക ശ്ലോകം നീ നിന്നെ തന്നെ ഉദ്ധരിക്കണം എങ്ങനെ ഉദ്ധരിക്കും യോഗാരൂഢത്വമാസാധ്യ യോഗനായി തിരുക എങ്ങനെ സമ്യക് ദർശന വേണ്ട വിധത്തിൽ ശാസ്ത്രം അറിഞ്ഞ് എന്ന് വെച്ചാൽ കർമ്മശാസ്ത്രത്തിനെയും ആത്മവിദ്യയെയും അറിഞ്ഞ് കർമ്മത്തിനെ നിഷ്കാമ്യമായി നിസ്സംഗമായി ചെയ്ത് ചിത്തശുദ്ധി സമ്പാദിച്ച് ആ അവസ്ഥയിലേക്ക് വരിക എന്നിട്ട് യോഗാരൂഢനാവുക ഇങ്ങനെയൊക്കെ ഞാൻ ഇപ്പൊ പറയുമ്പോ ഗീതയിലുള്ളത് കൊണ്ട് എനിക്ക് പറയാതെ നിർത്തിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്തൊക്കെയോ ആവാനുണ്ടോ ആയിത്തീരാനുണ്ടോ എന്നൊക്കെ ഇനിയും തോന്നും അതിലേക്കൊന്നും വീണ് പോകരുത് യോഗാരൂഢത്വം എന്ന് പറഞ്ഞത് നമ്മളെ തന്നെ നമ്മൾ ഉദ്ധരിക്കാനുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് പതുക്കെ പതുക്കെ നമ്മളെ കർമ്മത്തിന്റെ പിടിയിൽ നിന്നും ആത്മാവിന്റെ അനുഭൂതി മണ്ഡലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോവാനാണ് ഭഗവാൻ ആരു രുക്ഷുവെന്നും യോഗാരൂഢനെന്നും രണ്ടു പദത്തിനെ പറഞ്ഞത് നമ്മൾക്ക് ആ അപ്പൊ ധ്യാനമെന്ന് ആത്മവിചാരമെന്നും ജ്ഞാനമെന്നും ഒന്നും മനസ്സിലാവണില്ലെങ്കിൽ മനസ്സിലാവണമെന്ന് ഉള്ളൊരു ലക്ഷ്യം മുമ്പിൽ വെച്ചോളുക പക്ഷേ പ്രവൃത്തിയിൽ ആദ്യം ശ്രദ്ധിക്കാം ധർമ്മത്തിന് നിസ്സംഗമും നിഷ്കാമ്യമും ചെയ്യേണ്ട പ്രവൃത്തി എന്താണോ എവിടെയാണോ നമ്മൾ കിടക്കുന്നത് അവിടെ യാതൊരുവിധം പറ്റും കൂടാതെ നമ്മളുടെ സർക്കിളിലുള്ള ആക്ടിവിറ്റി നമ്മളുടെ സ്വധർമ്മത്തിന് അങ്ങോട്ട് ചെയ്യാം അതിൻ്റെ ഫലേച്ചയും വേണ്ട എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ എനിക്കൊന്നും ആയിത്തീരാനില്ല ഞാൻ ചെയ്യേണ്ടതാണിത് എന്ന് ചെയ്യാം ക്രമേണ ആ പ്രവൃത്തി തന്നെ നമ്മളുടെ യോഗാരൂഢന്മാരാക്കി തീർക്കും യോഗാരൂഢനായ തന്നെ താൻ ഉദ്ധരിക്കും എങ്ങനെ ജ്ഞാന വിചാരം കൊണ്ട് ധ്യാനം കൊണ്ട് വിത്ത് ഹിസ് ഹയർ ഇന്റലിജൻസ് അയാളിൽ ബുദ്ധി എന്ന് പറയണത് ഭഗവത് വിഭൂതിയായിട്ട് തീരും ഇറ്റ് വിൽ നോട്ട് ബി സിംപ്ലി ബ്രെയിൻ ഇപ്പൊ നമുക്കത് ബ്രെയിൻ ആണ് ആ ബ്രെയിൻ ബുദ്ധിയായിട്ട് മാറണത് ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൃപ എന്നൊക്കെ പറയണ്ടല്ലോ കൃപ കൃപ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ബുദ്ധി തന്നെയാണ് ഭഗവാൻ തന്നെ ഗീതയിൽ പറയു ദദാമി ബുദ്ധിയോഗം തം ആര് ആരിൽ എനിക്ക് കൃപ ഉണ്ടാവണോ അവർക്ക് ബുദ്ധിയോഗത്തിനെ കൊടുക്കും അവരുടെ ബുദ്ധി അതിസൂക്ഷ്മമായ സത്തയെ കാണിച്ചു കൊടുക്കാൻ പര്യാപ്തമായിട്ട് തീരും അപ്പോ ആ പാരമാർത്ഥികമായ സ്വാനുഭൂതി ഉണ്ടാവണമെന്നും നിശ്ചയിക്കാൻ ശക്തം ആയിട്ട് തീരും ന ആത്മാനം അവസാദക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ജീവിതത്തിൽ വന്ന് തീരും അതാണ് അടുത്ത ശ്ലോകം നമ്മൾ നാളെ വൈകിട്ട് കാണാം ഇതേ സമയത്തിൽ കാണാം സത്യം ജ്ഞാനമ മനാശം പരമാകാശം ഗോഷപ്രാങ്കണരിണലോലമ പരമായാസം മായാക്കാരമ ഭുവനം കനമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ജ ഗോവിന്ദം ഗോവിം പരമാനന്ദം ഭജ ഗോവിം മൃത്സ്നത്സിഹേശോധ താടനശൈശവസരാസം വ്യതി ോകലോകോകർദലോ ലോകത്രയ പുരമൂല സ്തംഭം ലോകലോകമനോക്കം ലോകേശം പരമേശം ഗോവിന്ദം പരമാ ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരം ത്രൈവിഷ്ട്രിപ്പീരം ക്ഷിതിഭാരഘ്നം ഭഗഘനം കൈവലം നവനാഹനം വൈമലയസ്ഫുടേതോ വൃത്തിവിശേഷഭ അനഭാസം ശൈവം കെയലശാത്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ോവിം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം യമാത്മാവസി ത്വമ തോന്നം മമക യഥാപേം കൂരുമാം തഥൈ ം ആത്മനം ഭജ